यस्मिन्नेवोडोली कठोवंश द्वितीय अध्याय प्रथममनि पराञ्जी खानी व्यत्नक स्वयंभू तस्मात् पराङ्ग शरीर आनदरआत्मन कस्य धीर प्रत्यगात् मानैच्छत ആവൃത്തച്ചുരമൃതമിച്ഛൻ പരാജ കാമാൻ അനുയന്തി ബാധോർ യന്തി വിത താശം അഥ ധീരാ അമൃതം വിദുവ അധ്രുവിഷ്യഹ നീ രുപം രസം ഗന്ധം ശബ്ദ സ്പർശ്ച മൈഥുനൈവ വിജതി പരിശിഷ്യമൈ ത സ്വപ്നം ജാഗരിതോ ഏപ്രീരോചം മധുതം വേദ ആത്മാനം ജീവമന്തിക ൂദഭവ്യ തജഗുസത്തെൈ തത് എപ്പൂർവം തപസോജാ അഭ്യ പൂർവം അജായ ഗുഹ പ്രശ്യ തിഷന്തം അതിർവു പ്രവിശ്യ തിഷന്തിവൈ തത് दिवे അരണ്ോർത്തോവിഷമുഷ്യേത യോര്യോ തംവാ സർപ്പേ അർപ്പേതി മൃത്യുമാതി ൈ നൈവേദമാേഹ നാസ്തിക മൃത്യോ സമൃത്യു ഗതി അംഗുഷ്ടമാത്രപുരുഷോ മധ്യാത്മനി തിഷത്തി വൈ തരുഷോ ജ്യോതിരിവധൂമ സേവാദ്യസ ൈ തൃം പഷാവം ധർമാൻ പൃഥക് പശ്യൻ്വാം ശുദ്ധേ ശുദ്ധം ആസക്തം താദൃഗേവ ആത്മാവധി ഗൗതമൻപതാമത്തെ മന്ത്രമാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് അധിജ്ഞ രൂപത്തിൽ അധ്യാത്മ രൂപത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മാവ് തന്നെയാണ് യോഗികൾ ഉപാസിക്കുന്നതിനെയാണ് എന്ന് പറഞ്ഞു വീണ്ടും കിഞ്ച അതേ ന്യായമനുസരിച്ച് തന്നെ അടുത്ത് പറയുന്നു അടുത്ത മന്ത്രത്തിൽ പ്രാണന ബ്രഹ്മമായി ർത്തിവ യ യാ ഉം യണേ അഹന്ഹനിണമാത്മാനം അതിദൈവയശ്ച ിൽ നിന്നാണോ ർഭനിൽ നിന്നാണോ ഏതൊരു സൂത്രാത്മാവിൽ നിന്നാണോ സൂര്യൻ പ്രഥമജൻ ആയിരിക്കുന്ന ഹിരണ്യഗർഭൻ ആ ഹിരണ്യഗർഭനിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടി ആ ഹിരണി നിന്നും ഉയർന്ന അതാണ് സൂര്യൻ അതിൽ നാം സൃഷ്ടിക്കപ്പെട്ടതാണോ അതിൽ നിന്ന് ഉയർന്നു വന്നതാണ് അതുകൊണ്ട് പറയുന്നു ആ സൂര്യൻ ഏതിൽ ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ അസ്തം അതിൻ്റെ അർത്ഥമാണ് നിമ്നോചനം അസ്തമനം എന്നർത്ഥം എത്ര യസ്മിന്ന ഏതൊരു ഹിരണ്യഗർഭനിലാണോ അവസാനം വിലയിക്കുന്നത് സൃഷ്ടിയുടെ ആദിയിൽ അതിൽ നിന്നുണ്ടായി സൃഷ്ടിയുടെ അവസാനം സൂര്യൻ അതിൽ തന്നെ വിലയിക്കുന്നു അതുമാത്രമല്ല യസ്മിൻ നെയ്വെച്ച പ്രാണെ അഹന് അഹലികച്ച പ്രതിദിനവും അതിലേക്ക് തന്നെ വിലയിക്കുന്നു അതിൽ നിന്ന് തന്നെ ഉയർന്നുവരുന്നു ഈ സമഷ്ടി പ്രാണോപാധിയോടുകൂടിയിരിക്കുന്ന അഹിരണ്യഗർഭനെ ആശ്രയിച്ചിട്ടാണ് മറ്റ് സർവചലനങ്ങളും കർമ്മങ്ങളും നടക്കുന്നത് ഏറ്റവും ബൃഹത്തായ ചലനമാണ് സൂര്യന്റെ ചലനം അതും അതിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർവകർമ്മത്തിനും സർവചലനങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഈ ഹിരണിഗർഭനാണ് മഹാപ്രാണൻ എന്നതിനെ വിളിക്കുന്നു എല്ലാ പ്രാണനും പ്രാണനായിരിക്കണം അതുകൊണ്ട് ഇവിടെ പറഞ്ഞു അതിൽ നിന്ന് ഉദിക്കുന്നു പ്രതിദിനം അതിൽ അസ്തമിക്കുന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ അതിൽ നിന്ന് ഉയർന്നുവന്നു സൃഷ്ടിയുടെ അവസാനം അതിൽ ലയിക്കുന്നു സമഷ്ടിയിൽ ഹിരണ്യഗർഭനായിരിക്കുന്ന അവൻ തന്നെയാണ് വൃഷ്ടിയിൽ ജീവനായിരിക്കുന്നത് തം പ്രാണം ആത്മാനം ദേവാഹ അഗ്നിയാതെയോ അധ്യാത്മം സമഷ്ടിയിൽ അഗ്നിയാതിരൂപത്തിലിരിക്കുന്ന ദേവതകൾ വൃഷ്ടിയിൽ വാഗാദി ഇന്ദ്രിയ രൂപത്തിലിരിക്കുന്ന ദേവതകൾ ഇവയെല്ലാം ഈ ദേവതകളെല്ലാം അതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് സമഷ്ടിയിലെ അതിദേവത രൂപങ്ങൾ അതാണ് അഗ്നിയാദയോ അതിദൈവോ വൃഷ്ടി ഈ ശരീരത്തിൽ ആശ്രയിക്കുന്ന അതിന്റെ തന്നെ വൃഷ്ടി രൂപമാണ് ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയാദികൾ അവയുടെ അതിദൈവ രൂപങ്ങൾ സമഷ്ടിയിലെ അത്ഭൂതങ്ങൾക്കും വൃഷ്ടിയിലെ അതിന്റെ ചെറിയ പ്രതിരൂപങ്ങളാണ് ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നതാണ് പഞ്ച ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾക്ക് ദേവതകളുണ്ട് അതിന് സമഷ്ടിയിലെ അതിദൈവങ്ങൾ എന്ന് പറയുന്നു അതുപോലെ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട് ഇവയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത് ദഷ്ടിയിലെ അധ്യാത്മം എന്ന് പറയുന്നു ഇവയെല്ലാം സർവേ സർവദേവതകളും വിശ്വയെ സർവവും ആരായുവരഥനാഭവും എങ്ങനെയാണോ രഥനാഭിയിൽ ആരക്കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കുന്നത് അതുപോലെ അർപ്പിതാഹ സംവേശിതാഹ അതിൽ ആശ്രയിച്ചിരിക്കുന്നു രഥത്തിന്റെ നാഭിയിലാണ് ആരക്കാലുകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് ചക്രത്തിന്റെ മധ്യഭാഗത്ത് അതിലെ കാലുകൾ ആരക്കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നു അതുപോലെ ഈ സർവദേവതകളുമായ ഹിരണ്യഗർഭനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് മഹാപ്രാണനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു സംപ്രവേശിത സ്ഥിതികാലെ അതിന്റെ പ്രവർത്തനകാലത്ത് സോപി അങ്ങനെയിരിക്കുന്ന ആ ഹിരണ്യഗർഭൻ മഹാപ്രാണൻ മഹാനാത്മാ അതും എന്താണ് ബ്രഹ്മേവ അതും ആ പരമാത്മാവ് തന്നെ ഹിരണ്യഗർഭനും ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന സോപി ആ പ്രാണനും തന്നെയാണ് തതേത് സർവാത്മകം ബ്രഹ്മ അതെന്താണ് ഈ സർവാത്മകമായ ബ്രഹ്മമാണ് തത് നീ നദീത്യ സദാത്മകഥ തദ്ച്ചന ഗസ് തതു നീതി അതിനെ അതിക്രമിച്ച് അതിനെ മറികടക്കുന്ന മറ്റൊന്നും ഇവിടെയില്ല അതിനുപരിയായിട്ടുള്ളത് അതിനപ്പുറമുള്ളത് രണ്യഗർഭനെ ആശ്രയിക്കാതെ നില നിൽക്കുന്നത് നതീത്യ തദാത്മകഥാം തവരൂപത്തിനപ്പുറമുള്ളത് താത്മകഥാം തവരൂപത്വം ആഹരണ്യഗർഭ രൂപത്തിലിരിക്കുന്ന പരബ്രഹ്മത്തിനപ്പുറം അതിനുപരിയായി നിൽക്കുന്നത് തത് അന്യത്വം അതിലൊന്നും ഭിന്നമായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല ഗച്ചതി വേതി അതിനെ മറിയത് കിടക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് സർവവും അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു ആ പരബ്രഹ്മത്തെ കശ്ചന കശ്ചിതപി ഒന്നും തന്നെ ഈ പരമാത്മതാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് ആ പരമാത്മതത്വം തന്നെയാണ് സമഷ്ടി പ്രാണോപാധിയോടുകൂടിയ ഹിരണ്യഗർഭനായി ഈ പ്രപഞ്ചത്തിന്റെ നിയാമകനായി സ്ഥിതി അവൻ തന്നെയാണ് ഈ ശരീരത്തിനുള്ളിൽ വൃഷ്ടിഭാവത്തിൽ ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവനെ ആശ്രയിച്ചാണ് ഈ സമഷ്ടിയിലെ സർവദേവതകളും സർവഭൂത അധിദേവതകളും നിലനിൽക്കുന്നത് അവനെ ആശ്രയിച്ചു തന്നെയാണ് ഈ ശരീരത്തിലെ അധ്യാത്മരൂപത്തിലുള്ള വാഗാദി ഇന്ദ്രിയങ്ങളുടെ അതിദേവതകൾ സ്ഥിരീകുന്നത് അവ പ്രവർത്തിക്കുന്നത് അതിനെ അതിക്രമിച്ചു പോകാൻ അതിനപ്പുറം പോകുന്നതിന് ഒന്നിന് ശക്തിയില്ല അത് സർവാത്മകമായ ബ്രഹ്മം തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് എന്നിങ്ങനെ അതിന്റെ സർവവ്യാപകത്വം സർവാത്മഭാവത്തും അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് വളരെ <mantra> സ്ഥല യൂന്ന് വാക്കുകൾ അവിടെ സന്ധി ചെയ്തിരിക്കയാണ് യഥ ച ഉദയതി ചെറുത് വായിക്കുമ്പോ യഥോദി അവിടെ സന്ധ്യുണ്ട് സൂര്യ അസ്തം സൂര്യോസ്തം യത്രീ तम देवाः सर्वे अर्पिदाः तद ऊ മൂന്ന് పదങ്ങളാണ് अर्पिदाः तद ऊ न अक्तीएदि രണ്ട് పదങ്ങളാണ് അക്തീഎദി ന അക്തീഎദി कश्चन यहां गर्व दवा तम अर्ता कशन न अत्ये അപ്പൊ ആ ബ്രഹ്മത്തിന്റെ സർവാത്മഭാവത്തെ സർവവ്യാപിത്വത്തെ പറഞ്ഞതിന് ശേഷം യത് ബ്രഹ്മാതി സ്ഥാപരാതീഷു വർത്തമാനം തത്തതുപാധിത്വ ബ്രഹ്മ അവഭാസമാനം യ്രഹ്മാതിഥരാന് <coughs> വർത്തമാനം <samsaji> ബ്രഹ്മൻ തുടങ്ങി ബ്രഹ്മാവ് ബ്രഹ്മാദി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് തുടങ്ങി സ്ഥാപനങ്ങൾ വരെയുള്ള വൃക്ഷ ലതാദികൾ വരെയുള്ള ഈ ജീവന്മാരിൽ വർത്തമാനം സ്ഥിതി ചെയ്യുന്നത് ഏതാണോ അതെങ്ങനെ സ്ഥിതി ചെയ്യുന്നു തത്വത്ത് ഉപാധിതത്വ തത്വതുപാധിത്വം അതാതുപാധികളെ സ്വീകരിച്ചതിനാൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു വിഷ്ണുവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ശിവന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവതാഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു മനുഷ്യന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു തത്തതുപാധിത്വ വൃക്ഷരൂപത്തിൽ ലതാരൂപത്തിൽ പലതരത്തിൽ സ്ഥിതി ചെയ്യുന്നു പക്ഷിമൃഗാദി രൂപത്തിലെല്ലാം സ്ഥിതി ചെയ്യുന്നു ഓരോരോ ഉപാധികൾ ഓരോരോ ശരീരങ്ങളെ ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ആ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് എങ്ങനെ തോന്നുന്നു അബ്രഹ്മവത് അവഭാസമാനം അബ്രഹ്മവത് അത് പരമാത്മാവാണെന്ന് തോന്നുന്നില്ല പക്ഷിയായും മൃഗമായും വൃക്ഷമായും ലതയായും എല്ലാം തോന്നുന്നു ബ്രഹ്മവത് അവഭാസമാനമല്ല ബ്രഹ്മവത് അനുഭവപ്പെടുന്നില്ല ബ്രഹ്മത്തെ പോലെ അത് തോന്നുന്നില്ല മറിച്ച് അബ്രഹ്മസമാനം ബ്രഹ്മമല്ല എന്നാണ് അതിനെ ബ്രഹ്മമായിട്ടാരും അതിനറിയുന്നില്ല തന്നെപ്പോലും അറിയുന്നില്ല മനുഷ്യനായിട്ടും മൃഗമായിട്ടും ആ ഉപാധികളെ കണ്ടുകൊണ്ട് ആ ഉപാധിക്കനുസരിച്ച് അതിനെ മനസ്സിലാക്കുന്നതുകൊണ്ട് ആ ബ്രഹ്മചൈതന്യത്തിൽ ഉപാധിയോടുകൂടിയാണ് അതിനെ മനസ്സിലാക്കുന്നത് അതിന്റെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടത് അബ്രഹ്മവത് അബ്രഹ്മ അല്ല എന്നതുപോലെ അത് പ്രതീതമാകുന്നു അനുഭവപ്പെടുന്നു അങ്ങനെ അനുഭവപ്പെടുന്നതായ സംസാരി അതാണ് ജീവന്മാർ മനുഷ്യരൂപത്തിലും പക്ഷിരൂപത്തിലും മൃഗരൂപത്തിലുമെല്ലാം അനുഭവപ്പെടുന്ന ആ സംസാരി അന്യത് പരസ്മാത് ബ്രഹ്മണ അത് പരമാത്മാവിൽ നിന്നും വേറിട്ട അത് പരമാത്മാവല്ല പരസ്മാത് ബ്രഹ്മണ അന്യത് അത് പരമാത്മാവിൽ നിന്നും അന്യമാണ് ഇത് മാഭൂത് കസിത് ആശങ്ക എന്നൊരു ആശങ്ക സംശയം മാഭൂത് ഉണ്ടാകരുത് ആർക്കും ആർക്കും തന്നെ അങ്ങനെ ഒരു കസ്യം ആർക്കും തന്നെ അങ്ങനെ ഒരു സംശയം ഉണ്ടാകരുത് ആ പരമാത്മാവ് തന്നെ വിഭിന്ന ശരീരങ്ങളാകുന്ന ഉപാധികളെ സ്വീകരിച്ച് ദേവശരീരങ്ങൾ മനുഷ്യ ശരീരങ്ങൾ ഇങ്ങനെയുള്ള ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് അനുഭവപ്പെടുകയാണ് ജീവന്മാർക്ക് പരസ്പരം അവർ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരി അങ്ങനെയുള്ള ആ സംസാരി രൂപത്തിലിരിക്കുന്ന ഈ ജീവൻ പരസ്മാത് ബ്രഹ്മണ അന്യത് ആരും ധരിക്കുന്ന തനത് പരമാത്മാവല്ല താൻ പരമാത്മാവല്ല തന്നയമാണ് എന്നിങ്ങനെ ഒരു ശങ്ക വരരുത് അങ്ങനെ വന്നുകഴിഞ്ഞാലോ വന്നാലുള്ള ദോഷമാണ് അടുത്ത് പറയുന്നത് ഇരി ഇതമാഹ അങ്ങനെ ഒരു ശങ്ക സർവർക്കും അങ്ങനെ സംശയത്തിന് അധീനമാണ് മനസ്സ് അങ്ങനെ വരാൻ പാടില്ല വന്നാലുള്ള ദോഷത്തെയാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ഭേദദൃഷ്ടി അദ്വൈതദൃഷ്ടിക്ക് പകരം ഭേദദൃഷ്ടി വന്നുകഴിഞ്ഞാൽ എന്താണ് ദോഷം വരുന്നത് അടുത്ത മന്ത്രത്തിൽ പറയുന്നു അമുത്ര തദ്ഹ മൃത്യോ സമൃത്യുമാ പശ്യത്തി യവ ഇഹ കാര്യകരണ ഉപാധിസമന്തം സംസാരധർമ്മവതവഭാസമാണ് അവിവേകിന് തത്മസ്ഥ അമുത്ര നിത്യവിജ്ഞാനഘനസ്വഭാവം സർവസംസാരധർമ്മവർജിതം ബ്രഹ്മേഹ ഇഹ ഇഹ ഈ ശരീരത്തിൽ യവ എന്താണോ ഉള്ളത് ഈ ശരീരത്തിനുള്ളിൽ എന്താണോ ഉള്ളത് അല്ല ഈ ലോകത്തിലെന്താണോ ഉള്ളതെന്നും വിശദീകരിക്കാം ഈ ലോകത്തിലെന്താണോ ഉള്ളത് ഇവിടെ എന്താണോ കാര്യ കരണ ഉപാധി സമന്ധിതം കാര്യം ശരീരം കരണം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഉപാധികളോട് കൂടിച്ചേർന്നിരിക്കുന്ന ഇവിടെ ഈ ജീവഭാവത്തിലിരിക്കുന്ന ഈ ഇവിടെ കാര്യ കരണ ഉപാധിയോട് കൂടിയിരിക്കുന്ന ഈ ജീവനാണ് അതിവിടെ കാണുന്നുണ്ട് പല രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ മൃഗാതിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കാര്യകരണോപാധിയോടുകൂടിയിരിക്കുന്നു സംസാരധർമ്മവത് അവഭാസമാനം സംസാരധർമ്മം ഉള്ളത് പോലെ പ്രതീതമാകുന്നു സംസാരധർമ്മങ്ങളെന്ന് പറയുന്നത് ജനനം ജീവിതം മരണം രോഗം ദുഃഖം ഇതൊക്കെ സംസാരധർമ്മങ്ങളാണ് ഈ സംസാരധർമ്മവത് സംസാരധർമ്മമുള്ളത് പോലെ തോന്നുന്നു കാര്യകരണ ഉപാധികളോട് കൂടിയിരിക്കുന്നു അങ്ങനെ ഇവിടെ അവഭാസമാണ് അങ്ങനെ അനുഭവപ്പെടുകയാണ് നമുക്ക് ആർക്ക് അവിവേകിനാം അവിവേകികൾക്ക് ഈ സംസാരധർമ്മത്തോടുകൂടിയിരിക്കുന്നു ഈ ജീവഭാവത്തിൽ അനുഭവപ്പെടുന്നത് അവിവേകികൾക്ക് തങ്ങനെയുള്ള ഈ ഉപാധികളിൽ സ്ഥിതി ചെയ്യുന്നത് എന്തോ അത് തന്നെയാണ് ഈ ഉപാധിയോടു കൂടിയിരിക്കുന്ന ഈ ജീവനിൽ പരമാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണോ പറയുന്നത് സ്വാത്മസ്ഥം തന്നിൽ സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ് അമുത്ര പരലോകത്തുമുള്ളത് അന്ന് അന്യമായിട്ട് വിശേഷിച്ച് അവിടെ ഒന്നുമില്ല അതായത് ഈ ശരീരത്തിനുള്ളിൽ എന്താണോ സ്ഥിതി ചെയ്യുന്നത് കാര്യകരണ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ ശരീരത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് അമുത്രോകത്തിനുള്ളത് അല്ലെങ്കിൽ ഈ ലോകത്ത് എന്താണോ സ്ഥിതി ചെയ്യുന്നത് നിലനിൽക്കുന്നത് അത് തന്നെയാണ് പരലോകത്ത് നിലനിൽക്കുന്നത് എന്താണത് നിത്യവിജ്ഞാന ഘനസ്വഭാവം നിത്യവിജ്ഞാനഘനം നിത്യമായ ഏകമായ വിജ്ഞാനം അതാണ് വിജ്ഞാനഘനം അഖണ്ഡമായ വിജ്ഞാനം തസ്വരൂപത്തോടുകൂടിയതും സർവസംസാരധർമ്മവർജിതം സംസാരധർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞത് ജനനം മരണം തുടങ്ങിയ സംസാരധർമ്മങ്ങളൊന്നുമില്ലാത്തതായ ബ്രഹ്മ അത് ഈ ഉപാധികളോടുകൂടിയിരിക്കുന്ന ഈ ജീവനിൽ വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് അത് തന്നെയാണ് പരലോകത്തിന് സ്ഥിതി ചെയ്യുന്ന ആകാശത്തിലേക്ക് നോക്കി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന് എന്നോട് പറയുകയാണ് പരലോകത്തിൽ ആണ് ഈശ്വരൻ ഇരിക്കുന്നു എന്ന് കരുതാണ് ആകാശത്ത് നോക്കി പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് പറയുന്നു ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദൈവം തന്നെയാണ് പരലോകത്തിലിരിക്കുന്നത് നിത്യവിജ്ഞാന സ്വഭാവത്തിലിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് എന്നുവെച്ചാൽ താൻ വേറെ മുകൾ ആകാശത്തിൽ പരലോകത്തിൽ വേറെ ഈശ്വരനുണ്ട് എന്ന് ധരിക്കാൻ പാടില്ല യച്ച അമുത്ര അമുഷ്മിൻ ആത്മനിശ്ചിതം ആ പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ പരമാത്മാവ് വേറിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ടല്ലോ തദൈവ ഇഹ അത് തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അവിടെയിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് കരുതുന്ന നമ്മൾ കരുതുന്ന പരമാത്മാവിൽ എന്തുണ്ടോ അത് തന്നെയാണ് ഈ ജീവാത്മാവിനു സ്ഥിരുന്നത് നാമരൂപകാര്യ കരണ ഉപാധിം അനുവിഭാവ്യമാനം ഈ നാമരൂപ നാമം രൂപം നാമം മനുഷ്യൻ എന്നു തുടങ്ങി വിഭിന്ന നാമങ്ങളിൽ അറിയപ്പെടുന്ന രൂപങ്ങൾ മനുഷ്യരൂപത്തിൽ മൃഗരൂപത്തിൽ പക്ഷിരൂപത്തിൽ വൃക്ഷരൂപത്തിൽ അങ്ങനെ രൂപങ്ങളോടുകൂടി കാര്യം വിഭിന്ന ശരീരങ്ങളോടുകൂടി മനുഷ്യശരീരം മൃഗശരീരം കരണങ്ങൾ വിഭിന്ന ഇന്ദ്രിയങ്ങളോടുകൂടി ഇങ്ങനെയുള്ള ഉപാധിയോടുകൂടി ഉപാധിം അനുവിഭാവ്യമാനം ഈ ഉപാധികളിലൂടെ അറിയപ്പെടുന്നത് ഈ ഉപാധികളെ ആശ്രയിച്ച് വെളിപ്പെടുന്നത് അനു ആ ഉപാധികളെ ആശ്രയിച്ച് വിഭാവ്യമാനം വെളിപ്പെടുന്നത് അങ്ങനെ വെളിപ്പെടുന്നത് ന അന്യത് ആ പരമാത്മാവിൽ നിന്നും അന്യമല്ല ഈ ജീവാത്മാവിൽ നിന്നും അന്യമല്ല പരമാത്മാവ് ആ പരമാത്മാവിൽ നിന്നും അന്യമല്ല ഈ ജീവാത്മാവ് അപ്പൊ ആ അദ്വൈത ഭാവത്തെ ഏകത്വത്തെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞത് യദേവേഹ തത് അമുത്ര യഥമുത്ര തദ്ന്യഹ ഇവിടെ എന്തുണ്ടോ അത് തന്നെയാണ് അവിടെയുള്ളത് അവിടെ എന്തുണ്ടോ അത് തന്നെയാണ് ഇവിടെയുള്ളത് ഇത്ര സ്പഷ്ടമായിട്ട് അദ്വൈതത്വത്തെ ശ്രുതി തന്നെ പറഞ്ഞിരിക്കുകയാണ് തത്രയും സതി ഇങ്ങനെയാണ് സത്യമെങ്കിൽ ഉപാധിസ്വഭാവ ഭേദദൃഷ്ടി ലക്ഷണരക്ഷണയ അവിദ്യയാ മോഹിതഹസ്സൻ ഇതാണ് പരമാർത്ഥമെങ്കിൽ ഉപാധി സ്വഭാവ ഭേദദൃഷ്ടി ഉപാധി സ്വഭാവം കൊണ്ട് ഭേദദൃഷ്ടി വരിക അതുതന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത് ഓരോ ഉപാധികൾക്കനുസരിച്ച് വേറെ വേറെയാണെന്ന് കൽപ്പിക്കുക ജീവന്റെ ഉപാധി ശരീരം ഇന്ദ്രിയം ഇങ്ങനെയുള്ള ഉപാധി ഭേദം കൊണ്ട് ഈ ജീവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം വേറെയാണ് മറ്റ് ദേവതകളെല്ലാം കൽപ്പിച്ചിട്ട് ആ ദേവതകളിൽ ഇരിക്കുന്ന ചൈതന്യം വേറെയാണ് എന്നിങ്ങനെ ഉപാധി സ്വഭാവ ഭേദദൃഷ്ടി ഉപാധി സ്വഭാവം കൊണ്ടുവരുന്ന ഭേദജ്ഞാനം ആ ഭേദജ്ഞാന രൂപത്തിലുള്ള അവിദ്യയ അതാണ് ഉപാധി സ്വഭാവ് ഭേദദൃഷ്ടി ദക്ഷിണയ അവിദ്യയാ മോഹിത ഹസ്സൻ വിവേകം നഷ്ടപ്പെട്ട് ഇഹ ഏതൊരുവനാണോ ഈ ബ്രഹ്മണി ഈ പരമാത്മാവിൽ ആ നാനാഭൂതി അത് പലതല്ല ഏകമാണ് അതിൽ ബ്രഹ്മ വിഷ്ണു ശിവഭേദങ്ങളൊന്നുമില്ല അത് ആ നാനാഭൂതി അങ്ങനെയുള്ള ആ പരമാത്മാവിൽ പരസ്മാദ് അന്യോ അഹം ഞാൻ ആ പരമാത്മാവിൽ നിന്നും അന്യനാണ് മത്തോ അന്യ പരം ബ്രഹ്മ എന്ന അന്യമാണ് ആ പരമാത്മാവ് ഇതി നാനാ ഇവ പലതുപോലെ വാസ്തവത്തിൽ പലതല്ലെങ്കിലും പലതുപോലെ ഭിന്നമിവ ഈശ്വരനെപ്പോഴും ഭിന്നനായി കാണുന്നു പശ്യതി ഉപദതി അവൻ അനുഭവിക്കുന്നു അറിയുന്നു അറിയാൻ ശ്രമിക്കുന്നു ഇവ പശ്യതി നാനാ ഇവ എന്ന് പറഞ്ഞ എന്തുകൊണ്ട് വാസ്തവത്തിൽ പലതില്ല ഇല്ലെങ്കിലും പലതുള്ളത് അവൻ കാണുന്നു അവനെന്ത്ഭവിക്കുന്നു സമൃത്യോഹോ മരണാദ് മരണം മൃത്യു പുനഃ പുന ജന്മ മരണഭാവം ആപ്നോദി പ്രതിബദ്ധത അവനെന്ത് സംഭവിക്കുന്നു അവൻ സംസാരത്തിൽ തന്നെ പെട്ടുപിടുന്നു മൃത്യോഹോ മൃത്യോഹോ സ മൃത്യു ആപ്നോതി അതിനെ വ്യാഖ്യാനിക്കുകയാണ് മൃത്യോഹോ മരണാദ് മരണം എന്ന് ജന്മത്തിൽ അവന് മരണമാണ് അവസാനം മോക്ഷമല്ല ആ മൃത്യുവിൽ നിന്നും പുനഃ പുനഃ വീണ്ടും വീണ്ടും അമ്മയം ചെയ്യുന്നു ജന്മ മരണഭാവം വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു ആ പനവതി പ്രതിപദ്ധ്യത അതാണ് ഭേദദൃഷ്ടിയുടെ ഫലം ഇവിടെയും പരലോകത്ത് ഒന്ന് തന്നെ തന്നിലും ദേവനിലും ഒരേ ചൈതന്യം തന്നെ എന്നറിയാതെ ആ ഈശ്വരനെ അന്യനായി കണ്ട് ആ ദേവനെ അന്യനായി കണ്ട് ഉപാസിക്കുന്നവൻ അവന്റെ ഭേദബുദ്ധി നശിക്കുന്നില്ല അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു ആപിനോദി പ്രതിബോധ്യത സമൃത്യോഹോ മൃത്യു ആപിനോദി അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിയിലേക്ക് പോകുന്നു തസ്മാന പശീത് അതുകൊണ്ട് എന്താണ് ശ്രുതി പറയുന്നത് തഥാന അങ്ങനെ കാണരുത് തന്നെയും ദേവനെയും അന്യനായി കാണരുത് എങ്ങനെ കാണണം വിജ്ഞാനീവ് ആകാശ പരിപൂർണം ബ്രഹ്മ അഹമസ്മി ഇതി പശ്യേ ഇത് വാക്യാർത്ഥ ആ വാക്യത്തിന്റെ താല്പര്യം എന്താണ് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന എന്താണ് വിജ്ഞാന ഏകരസം വിജ്ഞാനമാകുന്ന ഏകസ്വഭാവത്തോടുകൂടിയത് ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന നൈരന്തരീണ നിരന്തരമായിരിക്കുന്ന യാതൊരു തരത്തിലുള്ള ഭേദവുമില്ലാത്ത ഭേദശൂന്യമായ ആകാശ ആകാശത്തെ പോലെ ഏകമായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന സർവത്തെയും പൂരിപ്പിക്കുന്നത് സർവത്തെയും സർവത്തിനും ഇടം കൊടുക്കുന്നത് സർവത്തെയും നിലനിർത്തുന്നത് അതാണ് പരിപൂർണം അങ്ങനെയുള്ള ബ്രഹ്മേവ അഹം അസ്മി ആ പരമാത്മാവ് തന്നെയാണ് താൻ ഇതി പശ്യീത് അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് സാക്ഷാത്കരിക്കേണ്ടത് ഇതിവാക്യാർത്ത അതാണ് ഈ മന്ത്ര താൽപ്പര്യം അതാണ് അതുകൊണ്ട് ഭേദദൃഷ്ടി ഈശ്വര ജീവഭേദദൃഷ്ടി അതൊരിക്കലും പാടില്ല അത് വരുന്നവന് സംസാരമാണ് ഫലം മോക്ഷമല്ല മോക്ഷത്തിന് മുക്തിക്ക് അഭേദജ്ഞാനം കൂടിയേ തീരും അദ്വൈതജ്ഞാനം തന്നെ വേണം എന്നുള്ളത് ഈ ശ്രുതിവാക്യത്തിൽ വളരെ ഉറപ്പിച്ചു പറയുകയാണ് ശങ്കരാചാര്യർ അവതരിപ്പിക്കുന്ന അദ്വൈതം എന്ന് പറയുന്നത് പലരും പറയുന്നത് പോലെ ശങ്കരാചാര്യർ സ്വന്തമായി കണ്ടുപിടിച്ചല്ല അദ്വൈതം അതിന്റെ ഫലം ഇതെല്ലാം ശ്രുതിവാക്യങ്ങളിൽ വ്യക്തമായി തന്നെ ഇതുപോലെയുള്ള മന്ത്രങ്ങളിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാ പ്രതിപാദിച്ചിട്ടുള്ളതാ അതിനെ ശങ്കരാചാര്യർ വിശദീകരിച്ചു തന്നെയാണ് അത് വ്യക്തമായി പറയുന്നൊരു മന്ത്രമാണ് ഇത് ഇഹ നാന പശ്യതി സമൃത്യോഹമൃത്യുമാനോ ഏതൊരു വനാണോ ഇവിടെ പലതിനോ കാണുന്നത് നാനാത്വത്തെ കാണുന്നത് അവന് സംസാരമാണ് ഫലം ആ നാനാത്വ ബോധം നശിക്കാതെ അവന് മോഷമുണ്ടാകുന്നില്ല അദ്വൈത ബോധം കൂടാതെ ഒരുവൻ മുക്തനാകാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി ഈ മന്ത്രത്തിൽ പറയുന്നുണ്ട് യേഹ തദമുത്രദന്യുഹ മൃത്ോ സമൃത്യു ആൈഹ നാനേ പശ്യത്തി സന്ധി വന്നിരിക്കഹേഹ അനുഹ അന് സന്ധി വന്നിരിക്കുകയാണ് അനുഹ അന്യുഹ മൃത്യോ സഹ മൃത്യു അവിടെ സന്ധിയുണ്ട് സഹ മൃത്യു സമൃത്യു ആഭ്യനോതി സന്ധിയുണ്ട് യ ഇഹ യഹ ഇഹ നാനാ ഇവ നാനേവ ൂഹ <Nanā> ഇവ പശ്യത്തി സൃത്യോ മൃത്യുനോ അടുത്തമന്ത്രത്തിൽ പ്രാഗഏക ആഗമ സംസ്കൃതേന പ്രാഗേകത്വവിജ്ഞാന വിജ്ഞാന സാക്ഷാത്കാരത്തിന് മുമ്പ് ഏകത്വ വിജ്ഞാന സാക്ഷാത്കാരത്തിന് മുമ്പ് ആചാര്യ ആഗമസംസ്കൃതേന ആഗമം ആചാര് ശ്രുതി അല്ല ശാസ്ത്രം ഇത് രണ്ടുംകൊണ്ട് സംസ്കരിക്കപ്പെട്ടവൻ എന്നുവെച്ചാൽ ആചാര്യന്റെ ഉപദേശം കൊണ്ടും ശ്രുതി വാക്യങ്ങളെ കൊണ്ടും സംസ്കരിക്കപ്പെട്ടവൻ ചിത്ത സംസ്കാരത്തെ പ്രാപിച്ചവൻ ഈ അദ്വൈത ബോധത്തെ കൈവരിച്ചവൻ അവൻ എന്തു ചെയ്യണമെന്നാണ് അടുത്ത് പറയുന്നത് അല്ലെങ്കിൽ അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു ആ സാക്ഷാത്കാരത്തിന് മുമ്പ് ഉള്ള അവസ്ഥ അതടുത്ത മന്ദിരത്തിൽ പറയുന്നു മനസ്സിതാസ്തി കിഞ്ചന മൃത്യു സമൃത്യം ഗച്ഛതി ഈ പറയുന്ന തത്വത്തിന്റെ പരമമായ സാക്ഷാത്കാരം അങ്ങനെ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുമെന്നറിയാം അതിന് മുമ്പ് എന്താണ് വേണ്ടത് അങ്ങനെ പറയുന്നു മനസം ബ്രഹ്മേകരസം ആർത്തവ്യം ആത്മാവ നീ മനസ്സാ ഇതം ബ്രഹ്മീകരസം ആപ്തവ്യം മനസ്സുകൊണ്ട് ഈ ബ്രഹ്മത്തിന്റെ ഏകസ്വഭാവം ജീവാത്മ പരമാത്മ ഏകസ്വഭാവം എന്താണ് ഏകരസം രസം എന്ന് പറഞ്ഞ സ്വഭാവം ആ ബ്രഹ്മത്തിന്റെ ഏകസ്വഭാവം ആപ്തവ്യം ഗ്രഹിക്കേണ്ടതാണ് ആദ്യ ദിനം മനസ്സുകൊണ്ട് മനസ്സിൽതിനെ ദൃഢമാക്കുക എങ്ങനെ ആത്മാവ് അസ്ഥീതി ആത്മാവ് മാത്രമേ ഉള്ളൂ അന്യത് ബ്രഹ്മനാസ്തി വേറൊരു ബ്രഹ്മില്ല ആത്മാവെന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ആത്മാ ഏവാ താൻ മാത്രമേ ഉള്ളൂ നസ്ഥി മറ്റൊന്നില്ല തനിൽ നിന്ന് അന്യമായിട്ടൊരു ബ്രഹ്മമില്ല താൻ മാത്രമേ ഉള്ളൂ ഇതി മനസ്സാ ഇതിനെ മനസ്സുകൊണ്ടാദ്യം ഗ്രഹിക്കണം എന്നുവെച്ചാൽ മനസ്സിൽ ഇതിനെ ദൃഢപ്പെടുത്തണം അതാണ് പറഞ്ഞ് പ്രാഗ് ഏകത്വ വിജ്ഞാന ആ ഏകത്വ വിജ്ഞാനം ഏകത്വ അനുഭൂതി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതായത് ആ ഏകാത്മഭാവം വരുന്നത് വരെ ദ്വൈതഭാവത്തിൽ ജീവിച്ചാൽ മതിയോ ദ്വൈതബോധത്തിൽ ജീവിച്ചാൽ മതിയോ എന്ന് സംശയമുണ്ടാവും ഒരിക്കലും ഈ ഏകത്വ സാക്ഷാത്കാരം ഉണ്ടാകും അതുവരെ ജീവാത്മാവും പരമാത്മാവും വേറെയാണ് എന്നുള്ള ബോധത്തോടു കൂടി പോയാൽ മതിയോ പറയുന്നു അത് പോരാ എങ്ങനെ ആചാര്യ ആഗമ സംസ്കൃതയെന്ന് ആചാര്യം കൊണ്ടും ശ്രുതിയാലും സംസ്കരിക്കപ്പെട്ടവൻ എന്തു ചെയ്യണം മനസ്സുകൊണ്ട് തന്നെ തന്റെ മനസ്സുകൊണ്ട് ആത്മീയത അസ്ഥി മറ്റൊന്നില്ല എന്ന് ധരിക്കണം എന്നുവെച്ചാൽ സാക്ഷാത്കാരത്തിന് മുമ്പും ഒരാൾക്ക് വേണ്ടത് നാനാത്വബോധമല്ല ഏകത്വബോധം തന്നെയാണ് ഈ ഏകത്വബോധത്തെ വിസ്മരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആത്മീയ സാധനങ്ങളും പാടില്ല എന്നാണ് ആത്യേകിച്ച് നാനാത്വ പ്രത്യുപസ്ഥാപികായ അവിദ്യായാഹ നിവൃത്തത്വ ആപ്തേച്ച അങ്ങനെ ബോധത്തോടുകൂടി പോകുന്നവൻ ഇതിനെ പ്രാപിച്ചു കഴിഞ്ഞാലോ ഇപ്പോൾ ഒരു സാധകനും വേണ്ടത് ഒരു ജ്ഞാനിക്ക് മാത്രമല്ല ഒരു സാധകനും വേണ്ടത് ഏകത്വബോധമാണ് നാനാത്വബോധമല്ല അയാൾ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പരോക്ഷമായ അയാൾ ഗ്രഹിക്കേണ്ടതും നാനാത്വബോധമല്ല ഏകത്വബോധമാണ് ആ പ്രത്യേകിച്ച് ആ ഏകത്വബോധം വന്നുകഴിഞ്ഞാൽ നാനാത്വ പ്രത്യുപസ്താപികായ നാനാത്വത്തെ പ്രത്യുപസ്ഥാപിക പ്രദർശിപ്പിക്കുന്ന അവിദ്യായ അവിദ്യ നിവൃത്തത്വ നിവൃത്തിക്കുന്നു എന്നാണ് അപരോക്ഷമായി അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ നാനാത്വബോധത്തെ ഉണ്ടാക്കുന്ന അവിദ്യ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അവിദ്യ നാനാത്വബോധത്തെ ഈ ജീവൻ തരുമ്പോൾ ആ ജീവൻ അവന്റെ മനസ്സുകൊണ്ട് ഏകത്വബോധത്തെ ദൃഢപ്പെടുത്തണം എന്നാണ് അവിദ്യ എപ്പോൾ ശ്രമിക്കുന്നത് നാനാത്വബോധത്തെ അല്ലെങ്കിൽ ഭേദബുദ്ധിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആചാര്യ ആഗമസംസ്കൃതനായ ഒരുവൻ മനസ്സുകൊണ്ട് ഈ ഏകത്വബോധത്തെ ധരിച്ചുകൊള്ളണം എന്നാണ് അവിദ്യ നിവർത്തിക്കുന്നതുവരെ അപരോക്ഷം ഞാൻ ഉണ്ടാകുന്നത് വരെ അപരോക്ഷം ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിദ്യായ നിവൃത്തത്വ ഈ നാനാത്വത്തെ പ്രദർശിപ്പിക്കുന്ന അവിദ്യ അവിടെ നശിച്ചു പോകുന്നു അങ്ങനെ വരുമ്പോ എന്തുവരുന്നു ഇഹ ബ്രഹ്മണി നാനാ നാസ്തി ഈ ബ്രഹ്മത്തിൽ അവിടെ നാനാ പലതില്ല കിഞ്ചനാണ് മാത്രമോ വിദേശം പോലും ഇല്ല എന്നർത്ഥം അതായത് ഏകത്വബോധത്തിന്റെ സാക്ഷാത്കാരം അതിനുശേഷം മതിയോ അദ്വൈതം അതുവരെ അദ്വൈതത്തിലും അത് കഴിഞ്ഞാൽ അദ്വൈതവും അങ്ങനെയാണോ അങ്ങനെയല്ല എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് ഭാഷകാരനും പറയുന്നത് ആ ഏകത്വബോധം ഉണ്ടാകുന്നതിനു മുമ്പും ഒരാൾക്ക് അദ്വൈത ബോധം തന്നെയാണ് വേണ്ടത് അതു പരോക്ഷമായിട്ടെങ്കിലും ബോധിച്ചാൽ അപരോക്ഷമായ അനുഭവത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ അല്ലാ അപരോക്ഷ അനുഭവത്തിലെത്തുന്നതുവരെ ദ്വൈത ബുദ്ധിയിൽ ദ്വൈതബോധത്തിൽ നിൽക്കുക പിന്നീട് ഒരു സാക്ഷാത്കാരവും അദ്വൈതാനുഭൂതി അങ്ങനെയൊന്നല്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അദ്വൈത അനുഭൂതിക്ക് സാധനയായി ഉപായമായി ഇവിടെ നിർദ്ദേശിക്കുന്നതും അദ്വൈത ഭാവനയെ തന്നെ അദ്വൈത ഭാവന അദ്വൈത സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും വലിയ ഉപായമാണ് അതോട് പറഞ്ഞത് പ്രാഗേകത്വ വിജ്ഞാനെന്ന് പറഞ്ഞു പ്രാകേത്വ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും അദ്വൈത ഭാവനയെ ഒരാൾ ദൃഢപ്പെടുത്തണം എന്നാലേ അയാൾക്ക് ഏകത്വ വിജ്ഞാനം ഉണ്ടാകത്തുള്ളൂ ആ സംസ്കാരത്തിൽ നിന്ന് മാത്രമാണ് ഏകത്വ ബോധം ഉണ്ടാകുന്നത് അപ്പോൾ പരോക്ഷമായി ഒരാൾ ധരിച്ചിരിക്കേണ്ടതും ദ്വൈതത്തെയല്ല അദ്വൈതത്തെയാണ് പരോക്ഷമായ അവസ്ഥയിലും അയാൾക്ക് അയാളുടെ എല്ലാ ഏത് തരത്തിലുള്ള സാധനമായാലും ആത്യന്തികമായി ആ അദ്വൈത ബോധത്തിൽ നിന്നുകൊണ്ട് ഗുണം ചെയ്യേണ്ടതാണ് അതാണ് ദേവോ ഭൂത്വം യജയത് എന്നും മറ്റും പൂജാവിധികളിലും മറ്റും പോലും പറയുന്നത് ദേവനായി തീർന്നിട്ട് ദേവനെ യജിക്കുക ദേവൻ അന്യനായി കണ്ടുകൊണ്ട് ദേവനെ യചിക്കരുത് എന്നും മറ്റും പറയുന്നതാണ് സാധാരണ ദേവതാ പൂജയെപ്പോലും ദേവഭാവത്തിൽ ദേവനെ യജിക്കാൻ നിർദ്ദേശിക്കുന്ന ഈ അദ്വൈത ശീലത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ് യസ്തു പുനർ അവിദ്യാ തിമിരദൃഷ്ടിം ന മുഞ്ചതി ഇനി ഒരാൾ ഈ അവിദ്യാ തിമിരം അവിദ്യ അന്ധകാരം അവിദ്യ കൊണ്ടുവരുന്ന അന്ധത അന്ധതയെ കളയുന്നില്ല എന്ന മുഞ്ചതി എന്നുവെച്ചാൽ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ ഭേദബുദ്ധിയോടുകൂടിയാണ് എല്ലാം പരിശീലിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്നു നാനാ ഇവ പശ്യ അവൻ നാനാത്വത്തെ തന്നെ കാണുന്നു ഇനി ഭാവിയിൽ ഒരു അദ്വൈത ബോധം ഉണ്ടാകും അതുവരെ ദ്വൈതത്തിന് നിൽക്കാം എന്ന് കരുതി പ്രവർത്തിക്കുന്നവരുണ്ട് അവരെന്ത് ചെയ്യുന്നു നാനാ ഇവ പശി അവർ പലതുപോലെ കാണുന്നു വാസ്തവത്തിൽ പലതല്ല എങ്കിലും അവരും ഈ മായ കൊണ്ട് പലതുപോലെ കാണുന്നു സമൃത്യോഹോ മൃത്യു ഗതി അവൻ എന്തു ചെയ്യുന്നു മൃത്യുവിൽ നിന്നും മൃത്യുവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ദ്വൈതഭാവന ഉള്ളിടത്തോളം കാലം ദ്വൈത സംസ്കാരമേ അവൻ ഉണ്ടാകത്തുള്ളു ആ ദ്വൈത സംസ്കാരം ഉള്ളപ്പോ ഈ ശ്രുതിയിൽ പറയുന്ന സ്നേഹ നാനാസ്ഥിതികിഞ്ചന എന്നുള്ള അദ്വൈത ഭാവം അദ്വൈത അനുഭൂതിയും എങ്ങനെ കൈവരും അത് വരുന്നില്ല അദ്വൈതബോധം വരുന്നില്ല അവനും മൃത്യോഹവും മൃത്യു ഗച്ചെത്തിയവ അവനും പിന്നെ സംസാരമാണ് സരാണ് ഇപ്പം ഭേദബുദ്ധിയോടുകൂടി ദേവതകളെയും മറ്റു ഉപാസിച്ചാലോ ആ ദേവതാലോകത്ത് പുണ്യ ഇന്ത്യയിലും മടങ്ങിവരും സ്വൽപമി ോപയൻ ഇത്യർത്ഥ മൃത്യോ മൃത്യു ഗവ സ്വൽ സ്വൽപമി ഭേദം അധ്യാരോപയൻ സ്വൽപമെങ്കിലും ഭേദത്തെ ആരോപിക്കുന്നവൻ ലേശമെങ്കിലും ഭേദത്തെ കാണുന്നവൻ അവൻ മൃത്യുവിൽ നിന്നും മൃത്യവിലേക്ക് തന്നെ പോകുന്നു അദ്വൈത ഭാവന ചെയ്ത് അതിനിടയ്ക്ക് അല്പമെങ്കിലും ഭേദബുദ്ധി വന്നാൽ തന്നെ അതാണ് സ്വൽപ്പമൊപ്പി ഭേദം അധ്യാരവും ഭേദം ഇല്ലാത്തതാണ് അവൻ ആരോപിക്കുകയാണ് അജ്ഞാനകാര്യമാണ് അപ്പൊ അജ്ഞാനത്തെ അവൻ സൂക്ഷിക്കുകയാണ് അജ്ഞാനം അവൻ സംസാരമാണ് ശരണം പരമാത്മാവല്ല അതാണ് സമൃത്യൂഹവും മൃത്യുവച്ചതി അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നാനാ യുവ പശ്യതി ഇവിടെ നാനാത്വത്തെ കാണുന്നവൻ പലതില്ലെങ്കിലും പലതുപോലെ കാണുന്നവൻ ഇല്ലാത്തതിനെ എങ്ങനെ കാണും അതാണ് പറഞ്ഞു നാനാ യുവ ഇല്ല എങ്കിലും അത് കാണുന്നു അവിദ്യകൊണ്ട് അത് നേരത്തെ പറഞ്ഞു നാനാത്വ പ്രത്യുപസ്ഥാപികായ അവിദ്യായാഹ എന്ന് പറയും നാനാത്വത്തെ നമുക്ക് കാണിച്ചു തരുന്ന പ്രദർശിപ്പിച്ചു തരുന്ന ആവിദ്യ അപ്പൊ ആവിദ്യക്ക് അല്പമെങ്കിലും ഭേദബുദ്ധി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധി അവദ്യയ്ക്ക് അധീനം ആയിക്കഴിഞ്ഞു അതിന്റെ ഫലം സംസാരമാണ് എന്നുള്ളതിവിടെ വ്യക്തമായി കാണിക്കുകയാണ് അതുകൊണ്ട് അദ്വൈത സാക്ഷാത്കാരം മുമ്പുള്ള അവസ്ഥയാണ് ഒരു സാധകന് അദ്വൈത ഭാവനയാണ് അദ്വൈത ബോധമാണ് വരേണ്ടത് അതിന്റെ സംസ്കാരം കൊണ്ട് അദ്വൈത സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളൂ എന്നാണിവിടെ മനസ്സിദമാതവ്യം സൃത്യോ സമൃദ്ം ഗതി നാന പശ്യത്തിനസ മനസ്സൈ അവിടെ സന്ധി വന്നിരിക്കുകയാണ് മനസ്സേവാദം ആർത്തവ്യം ഈ വന്നിട്ട് ഏകാരം വന്നാണ് നേഹ ന ഇഹ നസ്ഥി നാനാസ്തി അവിടെ സന്ധി വന്നിട്ടുണ്ട് കിഞ്ചന मृत्यो सह यह नाना इह इव मृत्यु ना मनसा एव इ ാസ്തിഹ ഇഹ ഇവ പശ്യ സഹ മൃത്യു മൃത്യു ഗതി കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ അതേ കാര്യത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത് കാപ്പനോദി എന്ന് പറഞ്ഞ ഇവിടെ ഗച്ഛതി എന്ന് പറഞ്ഞ അങ്ങനെ അല്പം വ്യത്യാസമേ വീണ്ടും അതേ കാര്യത്തിൽ തന്നെ ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ആത്മബോധം പ്രാപിക്കുന്നതുവരെ ഒരാൾ അദ്വൈത ബോധത്തെ അദ്വൈത ഭാവനയെയാണ് പരിശീലിക്കേണ്ടത് എന്നാലേ ആത്മ സാക്ഷാത്കാരം പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യത്തെ ഇവിടെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതേ ആശയത്തിലുള്ള മന്ത്രത്തെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് പുനരവി തദൈവ പ്രകൃത ബ്രഹ്മ വീണ്ടും ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടി അതിനെ വിശദീകരിക്കുകയാണ് അതായത് അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി പല ഉപായങ്ങളും നിർദ്ദേശിക്കുന്നു അധികാരി ഭേദമനുസരിച്ച് ഒരാൾ ഇതെല്ലാം സ്വീകരിച്ചോളില്ല അധികാരികൾ പലതരത്തിലാണ് അവർക്ക് പലതരത്തിൽ ഇതിനെ ഉപാസിക്കാം അതിനുവേണ്ടിട്ട് അടുത്ത വേറൊരു തരത്തിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് വിജഗുപ്സേ അംഗുഷ്ടമാത്രോ അംഗുഷ്ടപരിമാണ ൃദേ പു വംശപത് പു ഈ പുരുഷന്റെ സ്ഥാനമായിട്ട് ഹൃദയത്തെ നിർദ്ദേശിക്കുകയാണ് ആത്മാവിന്റെ സ്ഥാനമായിട്ട് ഉപാസനയ്ക്ക് വേണ്ടി ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിർദ്ദേശിക്കുന്നത് അതുമാത്രമുള്ള ഇനി പറയും പ്രാണനും അപാനനും ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായും നിയന്ത്രിച്ചു രണ്ട് വായുക്കൾ അത് ഈ ഹൃദയത്തെ പ്രവർത്തിക്കുന്നത് അതുമൊരു കാരണമാണ് ഹൃദയത്തിലാണ് ഈ ജീവന്റെ സ്ഥാനം എന്ന് നിർദ്ദേശിക്കുന്നത് കാരണം ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കും ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം ഹൃദയത്തിലേക്ക് പോകും അപ്പൊ പ്രാണൻ ചെന്ന് ചേരുന്ന ഇടം അതുപോലെ തന്നെ അവിടെ നിന്ന് അപാനൻ താഴേക്ക് പോകും ഇപ്പൊ പ്രാണാപാനന്മാര് പ്രാണന് ഉള്ളിലേക്ക് പോകുന്നു ആ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്നും താഴേക്ക് അപാനൻ പോകുന്നു അപ്പോൾ ഇത് രണ്ടും കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാനം പ്രാണാപാനന്മാർ അതാണ് ജീവന്റെ സ്ഥാനമെന്ന് നിർദ്ദേശിക്കാൻ മറ്റൊരു കാരണം കാരണം ഈ പ്രാണന്റെ പ്രവൃത്തി തുടരുമ്പോഴാണ് ഈ ജീവൻ ശരീരത്തെ നിലനിൽക്കുന്നത് പ്രാണാപാനന്മാര് നിലനിക്കുമ്പോൾ പ്രാണാപാനന്മാരുടെ ആശ്രയമായിരിക്കുന്ന ഈ ജീവനാണ് നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രാണനും അപാനനും ഹൃദയത്തിലേക്ക് കേന്ദ്രീകരിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് പ്രാണനെ ഉള്ളിലേക്ക് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു താഴേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ടും ഇതിനെ ഹൃദയത്തെ ഈ ജീവന്റെ ശരീരത്തിലെ സ്ഥാനമായിട്ട് നിർദ്ദേശിക്കുന്നു അത് ധ്യാനത്തിനും ഉള്ള സൗകര്യത്തിനും വേണ്ടിയാണ് വാസ്തവത്തിൽ ജീവൻ പ്രത്യേകിച്ചൊരു സ്ഥാനത്തിരിക്കുന്നതിന്റെ അത് സർവ്വവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു സമഷ്ടി പ്രപഞ്ചത്തിനും അത് വ്യാപിച്ചിരിക്കുന്നു വൃഷ്ടി ശരീരത്തിനും സർവവ്യാപിയായിരിക്കുന്നു എന്നാലും അവനൊരു സ്ഥാനത്തെ നിർദ്ദേശിച്ചാൽ ഹൃദയത്തെ ഈ ശരീരത്തിന് സ്ഥൂല ശരീരത്തിലെ ഹൃദയത്തെ നിർദ്ദേശിക്കാം കാരണം പ്രാണപ്രവർത്തനങ്ങളെയെല്ലാം അത് നിയന്ത്രിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് അങ്കുഷ്ടമാത്രവും അങ്കുഷ്ടപരിമാണ പെരുവിരൽ വലുപ്പത്തിലുള്ള ഹൃദയ അങ്കുഷ്ടപരിമാണം എന്ന് വെച്ചാൽ ചെറുതെന്നുള്ള കൃത്യമായും പെരുവിരലിന്റെ വലിപ്പം എന്നുണ്ടാവുദ്ദേശിക്കും ഏകദേശം അതുപോലെയുള്ള ഹൃദയപുണ്ടരീകം ഹൃദയബിണ്ഡം കുണ്ടരീകം താമര താമരയെ പോലെ ഇരിക്കുന്നു നമ്മൾ ശരീരം കയറി നോക്കിയാൽ കാണുന്ന ഹൃദയം തന്നെ തച്ഛിദ്രവർത്തി അതിലെ ഛിദ്രം അതിന്റെ ഛിദ്രം എന്ന് പറയുന്നത് അവിടെയുള്ള ആകാശം ഹൃദയാകാശം എന്ന് പറയുന്നു തദ്വർത്തി അന്ധക്കരണ അവിടെ സ്ഥിതി ചെയ്യുന്നു അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്താണ് അന്ധക്കരണമാകുന്ന ഉപാധിയോടുകൂടി മനസ്സാകുന്ന ഉപാധിയോടുകൂടിയ ഉപാധിയോടുകൂടിയ ആ പുരുഷൻ ഈ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്നു ജീവന്റെ സ്ഥാനം ഹൃദയമാണെന്ന് നിർദ്ദേശിക്കുന്നു ആങ്കുഷ്ടമാത്രവും അങ്കുഷ്ടമാത്ര അങ്കുഷ്ട ളവോടു കൂടി ഏതുപോലെ വംശ പർവമധ്യ വർത്തി അമ്പരവ മുള ഈറ ഇതിന്റെക്കുള്ളിൽ ഒരു പൊള്ളയായ ഭാഗം കാണും അതിന്റെ രണ്ട് മുട്ടികൾ അതിനെയാണ് വംശപർവ്വം വംശത്തിന്റെ പർവ്വം അതിന്റെ മുട്ടുകൾ പർവ്വമധ്യം എന്ന് പറയുമ്പോൾ രണ്ട് മുട്ടുകൾക്കിടയ്ക്കുള്ള സ്ഥലം അവിടെ പൊള്ളയായിരിക്കുന്നു വർത്തി അമ്പരം അവിടെ ഒരു ആകാശമുണ്ട് അതുപോലെ ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആകാശം ഒരെ ഉണ്ട് ആകാശം എന്ന് വെച്ചാൽ ഒരെണ്ഡ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ഹൃദയത്തിന്റെ ഉള്ളിൽ അതിനെ ആശ്രയിച്ച് എന്നുവെച്ചാൽ അവിടെ അന്ധകരണത്തെ ആശ്രയിച്ചുകൊണ്ട് പുരുഷ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു അതാണ് ഹൃദയത്തിൽ ആത്മാവിനെ പ്രകാശ ധ്യാനിക്കാൻ പറയുന്നു അങ്ങനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ശ്രുതിക്ക് കൃത്യമായി ജീവന് ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുക എന്നുള്ള വിവക്ഷയില്ല ജീവൻ അവിടെ നിലനിൽക്കുന്നു എന്നുള്ള വിവക്ഷയില്ല കാരണം വാസ്തവത്തിനത് നിരാധാരമാണ് നിരാധാരമായിരിക്കുന്ന അതിനൊരാധാരമില്ല അത് സർവാധാരമാണ് സർവത്തിനും ആധാരമാണ് അതിനേ മാംസപ്പിണ്ഡം അതിൻ്റെ ആധാരം ഒന്നും നിർദ്ദേശിക്കാൻ പരമാർത്ഥത്തി പക്ഷേ നിരാധാരമായിരിക്കുന്ന ഒന്നിനെ ധ്യാന വിഷയമാക്കാൻ പറ്റത്തില്ല അപ്പം അതിനെ ഉപാസിക്കുന്നതിന് ധ്യാനിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാനത്ത് നിർദ്ദേശിക്കുകയാണ് ഈ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സ്ഥാനം അവിടെ ഒരു ഇടമുണ്ട് അവിടെ ആ അന്ധകരണമാകുന്ന മനസ്സാകുന്ന അറിവാകുന്ന ഉപാധിയോടുകൂടി അതവിടെ പ്രകാശിക്കുന്നു പൂർണമനേന സർവം അതിനെ പരിച്ഛിന്നമായി കാണരുത് അങ്ങനെ വരുമ്പോൾ അതിനൊരു ചെറിയൊരു വസ്തുവായി കണ്ടുകളയല്ല അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് പൂർണ്ണ മനീന സർവ്വവും അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സർവത്തെയും പൂരിപ്പിക്കുന്നതാണത് എന്നർത്ഥം അപ്പൊ ഹൃദയത്തെ മാത്രമല്ല സർവത്തെയും സർവ ശരീരത്തെയും ചേതനവത്താക്കുന്നതാണ് അതാണത് പൂരിപ്പിക്കാവുന്നത് സർവവും ചൈതന്യവത്താകുന്നത് സർവവും സത്താവത്താകുന്നത് അതിനെ കൊണ്ടാണ് ഇത് എന്നാലും മനസ്മാണെന്ന് മനസ്സിൽ തന്നെ നമുക്ക് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു മധ്യേ ആത്മനി ശരീരേ തിഷ്ട ആത്മനി തിഷ്ടീ ശരീരത്തിന്റെ തലമുതൽ പെരുവിരൽ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും എന്റെ മധ്യസ്ഥാനത്തിരിക്കണം അതായിരിക്കുമല്ലോ രണ്ട് ഭാഗവും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സൗകര്യമായ സ്ഥാനം അതുകൊണ്ടാണ് മധ്യേ ആത്മനി ആത്മാവെന്ന് വെച്ചാൽ ശരീരം ശരീരം മധ്യത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു ഇരുന്നുകൊണ്ട് ഒരുപോലെ രണ്ട് ഭാഗം അപ്പൊ പക്ഷപാതമില്ല മധ്യത്തിരിക്കുന്ന ആളാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ആ ആത്മാവിനെ ധ്യാനിക്കുക അത് ഹൃദയത്തിലിരിക്കുന്നു അറിവാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു അങ്ങനെ ധ്യാനിക്കുക അതിനുവേണ്ടി പറയണം ം അങ്ങനെയിരിക്കുന്ന ഈ ആത്മാവ് തന്നെയാണ് എന്നുവെച്ചാൽ അവിടെ ഭേദ ദൃഷ്ടിയെ പൂർണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പറയുന്നു ഈശാനം ഈശ്വരനായിരിക്കുന്നു ഈശ്വതാവായിരിക്കുന്നു സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയവനായി അവൻ ഇരിക്കുന്നു എങ്ങനെയുള്ള ഐശ്വര്യമാണ് ഭൂതഭവ്യസ്യ ഭൂതഭാവികളുടെ എല്ലാം വർത്തമാനത്തിന്റെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഭൂതഭാവികളെയെല്ലാം നിയമ നിയമനം ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഈശ്വരനായിരിക്കുന്നു അവനാണ് ഈശ്വരൻ ഈശാനം ആ ഈശ്വരൻ ഹൃദയത്തിൽ തന്നെയിരിക്കുന്നു അങ്കുഷ്ടമാത്രനായി അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വിധിത്വ എന്ന് ഒരുവൻ അറിയണം എന്നറിയുക അല്ലെങ്കിൽ എന്ന് ഉപാസിക്കുക എന്ന് ധ്യാനിക്കുക ർ അപ്പൊ ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരന്റെ പരമുമായ സ്ഥാനം തന്റെ ഹൃദയം തന്നെയാണ് സ്വന്തം ഹൃദയത്തിലാണ് ഈശ്വരന്റെ ആവാസ സ്ഥാനം എന്നറിഞ്ഞിട്ട് അങ്ങനെ അറിയുമ്പോൾ സർവ്വഹൃദയങ്ങളിലുമായി ഈശ്വരൻ ഇരിക്കുന്നു എന്നറിയുമ്പോൾ എന്നാ തോ വിജഗുസതേ അവൻ പിന്നെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല അവന് പിന്നീട് ഭയമില്ല ഭേദദൃഷ്ടിയാണ് ഭയത്തിന് കാരണം ആ ഭേദദൃഷ്ടിയില്ലാത്തവന് ഭയത്തിന് സ്ഥാനമില്ല പിന്നെ അവൻ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ട് അവൻ തന്നെയാണ് ഭൂതഭാവികളെയെല്ലാം നിയന്ത്രിക്കുന്നത് അവൻ തന്നെയാണ് സർവത്തെയും രക്ഷിക്കുന്നത് പിന്നെ തന്നെ രക്ഷിക്കേണ്ട കാര്യം ഇല്ല അവന് വിജഗുപ്സില്ല വിജഗുപ്തയ്ക്ക് നിന്നുള്ള അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ ഭയത്തെ നിഷേധിക്കുന്നതിനു വേണ്ടി പറയുകയാണ് ഇങ്ങനെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല കാരണം ആ ഈശ്വരൻ തന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു തന്റെ ഹൃദയത്തിനെന്ന് പറയുമ്പോൾ സർവ്വശരീരിയുടെയും ഹൃദയത്തെ സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് ഈശ്വരൻ ആ ബോധം നമ്മുടെ ഭേദദൃഷ്ടിയെ നശിപ്പിക്കുന്നു അദ്വൈത ബോധത്തെ കൊടുക്കുന്നു അവന് ഭയമില്ല വെറുപ്പില്ല എന്നല്ല വേഖ്യാനിക വിധുഗുപ്സതേ അവൻ ഒന്നിനെയും വെറുക്കുന്നില്ല ഒന്നിനെയും ഭയക്കുന്നില്ല ഈശ്വരന്റെ ശരിയായ സ്വരൂപത്തെ അറിയുന്നവൻ അതാണ് അദ്വൈത ബോധത്തിന്റെ ഫലം ഭയം ഇല്ലാതാകുന്നു വെറുപ്പില്ലാതാകുന്നു മറ്റൊന്നിനെ അവനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല എന്നു കാരണം സർവ്വ ജീവന്മാരുടെയും ഉള്ളിൽ ഇരിക്കുന്നത് അതുതന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂതഭവ്യസ്യ ഈശാനഹ എന്ന് പറഞ്ഞത് ഭൂതഭാവികളെല്ലാം നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ് മറ്റെന്തോ ആണെന്നുള്ള ധരിക്കുന്നതല്ല തന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നവൻ തന്നെയാണ് ഭൂതഭാവികളെ തന്റെ മാത്രമല്ല സർവ്വചരാചരങ്ങളുടെയും ഭൂതഭാവികളെ നിയന്ത്രിക്കുന്നത് അവൻ തന്നെയാണ് അങ്കുഷ്ടോ ഭൂതഭവ്യ തോ വിജഗുസത്തെ ഏതദ്വൈ തത് ഭൂതഭവ്യ അങ്കുഷ്ടമാത്ര എന്നുവെച്ചാൽ അളവെന്നാണ് അർത്ഥം അങ്കുഷ്ടമാത്ര എന്നുവെച്ചാൽ അങ്കുഷ്ടത്തിന്റെ അളവുള്ള വലിപ്പമുള്ള പുരുഷ ആത്മനി മധ്യേ ആത്മാ ഇവിടെ ശരീരം എന്നർത്ഥം ശരീരമധ്യത്തിൽ ഹൃദയത്തിൽ ശരിക്കുള്ള അർത്ഥം ഉണ്ടായതിന്റെയും ഇനി ജനിക്കാൻ പോകുന്നതിന്റെയും ഇനി ഉണ്ടാകാൻ പോകുന്നതിന്റെയും എല്ലാം ഈശാനിതാവ് ുഷ്ടഷ ആത്മനി മധ്യേ തിഷതി വിടെ ചേർത്തണം ഏവം ഞാത്ത ഇങ്ങനെ അറിഞ്ഞിട്ട് തതഹ അതുകൊണ്ട് എന്ന വിജുഗുപ്തയെ അവൻ ഒന്നിനെയും ഭയക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ഈ ശരീരത്തെ രക്ഷിക്കാൻ തന്നെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല സ്വതന്ത്രനായിരിക്കുന്നു അവൻ മറ്റൊന്നിനെയും വെറുക്കുന്നില്ല അങ്ങനെ അർത്ഥം പറയാം മാത്രമല്ല ആശയത്തെ മറ്റൊരു തരത്തിൽ പറയുകയാണ് അടുത്ത മന്ത്രത്തിൽ അങ്കുഷ്ടമാത്രോ ജ്യോതിജീവ അധൂമക ഈശാനോ ഭൂതഭവ്യസുസ്വേദ അങ്കുഷ്ടമാത്രപുരുഷോ നേരത്തെ പറഞ്ഞ അങ്കുഷ്ടമാത്രനായ പുരുഷൻ അധൂമക അധൂമക ധൂമില്ലാത്ത ജ്യോതിരിവ ജ്യോതിസിനെ പോലെയാണ് തേജസ്സിനെ പോലെയാണ് അങ്ങനെയാണ് അവനുള്ളിൽ സ്ഥിതി ചെയ്യുന്നർത്ഥം ഇരുട്ട് ലേശം പോലുമില്ലാത്ത വെളിച്ചമായിട്ടാണ് അവനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് അധൂമകഹ ഇതി യുക്തം അധൂമകമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം സാധാരണ തീയോടൊപ്പം പുകയും കാണും ഇത് പുകയില്ലാത്ത തീയാണ് ശുദ്ധമായ ജ്യോതിസാണ് യുക്തം ജ്യോതിഷ്പരത്വം ഈ ജ്യോതിസാണ് അതുകൊണ്ട് ഈ പറഞ്ഞത് ശരി തന്നെയാണ് പുകയില്ലാത്ത തീ എന്ന് പറഞ്ഞത് യുക്തമാണ് ആത്മാവിനെ സംബന്ധിച്ച് അവിടെ അന്ധകാരമില്ല അജ്ഞാനമില്ല ആവരണമില്ല അങ്ങനെ ആവരണരഹിതനായി ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകം ലക്ഷിത ശ്രുതി ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ടവൻ ശ്രുതി പറയണു ആ ആത്മാവ് ഹൃദയത്തിൽ വെളിച്ചമായി സ്ഥിതി ചെയ്യുന്നു ഇരുട്ടില്ലാതെ മൂടലില്ലാതെ ഒരു മറയുമില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടത് അറിയുന്നില്ല പറയുന്നു യോഗിഭീലക്ഷിത എന്നാണ് ഈ തരത്തിൽ അവന് മറയില്ലാതെ അറിയുന്ന ആരാണ് യോഗികൾ അങ്കുഷ്ടമാത്രനായി അവനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവർ അവനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന യോഗികൾ യോഗ ഭീ ശ്രദ്ധയെ ലക്ഷിത യോഗികളാൽ അവരവരുടെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നവൻ എന്നർ ക്ക് അസംസ്കൃത ബുദ്ധികൾക്ക് അത് വെളിപ്പെടുന്നില്ലെങ്കിലും യോഗികൾക്ക് ഇത് ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആര് ഈശാന പറഞ്ഞതുപോലെ പറയുകയാണ് ഭൂതമുണ്ടായതിനെയും ഉണ്ടാകാൻ പോകുന്നതിനെയും എല്ലാം നിയന്ത്രിക്കുന്നവൻ ഭൂതഭാവികളുടെ എല്ലാം നിയന്ത്രാവായ ആ പരമാത്മാവ് സ്വന്തം ഹൃദയത്തിൽ വെളിച്ചമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സനിത്യ അവൻ നിത്യനായിരിക്കുന്നു യോഗിക്കൊണ്ട് മറ്റുള്ളവർക്കില്ല എന്നല്ല നിത്യനായിരിക്കുന്നു സർവർക്കുമുണ്ട് കൂടസ്ഥ നിർവികാരനായിരിക്കുന്നു അദ്ദേഹം പ്രാണിഷു വർത്തമാന ഇപ്പോഴും ഉണ്ടവൻ എപ്പോഴും ഉണ്ട് സവുശോഭി നാളെയും വർദ്ധിഷ്യത അവനുണ്ടായിരിക്കും സയേവാദ്യ സുശ്വഹ ഇന്നുണ്ടവൻ നാളെയും ഉണ്ടായിരിക്കും എന്നാണ് അവൻ തന്നെയാണ് ഹൃദയത്തിലിരിക്കുന്നത് തമസോ ന അന്യഹ തത്സമോ അന്യസ്റ്റ ജനുഷ്യത ഇനി ഒരുവൻ അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അതിന് സമനായി മറ്റൊരുവനല്ല അവൻ തന്നെയാണ് ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് एकह न्यायस्तीक पक्षो न्याय तो अभीचन श्रुवा मनशी एय प्रेतेचिकित्सा मंत्रे ചോദിച്ചു മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്തോന്നുണ്ടെന്ന് ചിലർ ഇല്ലെന്ന് പറയുന്നു അതിന് സമാധാനമായിട്ടാണ് ഇപ്പൊ പറയുന്നത് ന്യായമസ്ഥിരി ചെയ്യുക മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു ആത്മാവെന്ന് പറയുന്നൊന്നു ശേഷിക്കുന്നില്ല ഒരു വെളിച്ചം അണഞ്ഞു പോകുന്നതുപോലെ ഇത് അപ്രത്യക്ഷമാവുകയാണ് ശരീരം നശിക്കുന്നു എല്ലാം അവസാനിക്കുന്നു എന്ന് ചിലര് പറയുന്നുണ്ടല്ലോ പറയുന്നു ഈ പക്ഷം ഈ അയംപക്ഷ എന്ന് പറയുന്ന ആ പക്ഷത്തെ എന്നാണ് ന്യായതോ അപ്രോപ്തോ യുക്തിയുക്തമായി അങ്ങനെ ഒരു പക്ഷത്തോ സാധ്യമല്ല എങ്കിലും സ്വവചന ശ്രുതി യുക്തമല്ലാത്ത ഒരു പക്ഷമാണ് സർവ്വം എന്ന് പറയുന്നതിൽ യുക്തിയൊന്നുമില്ല യുക്തി ഒരാൾക്ക് പറയാനേ പറ്റൂ അത് പക്ഷെ എന്നാലും അവനെന്ത് ചെയ്യുന്നു സ്വവചനേനു ശ്രുതി വചനം തന്നെ ചെയ്യുന്നു അവനെ നിഷേധിക്കുന്നു യമദേവന്റെ ഭാഷയിൽ അവനെ നിഷേധിക്കുന്നു തഥാക്ഷണഭ അതുപോലെ തന്നെ ക്ഷണഭംഗവാദം ബൌദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദികളെന്ന് പറയുന്ന പക്ഷക്കാരുടെ ക്ഷണഭംഗവാദം എന്താണ് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് വിജ്ഞാനധാരയാണ് ജ്ഞാനധാര വാസ്തവത്തിൽ ഏകമായ ഒന്നില്ല എങ്ങനെയാണോ നദിയിൽ ജലം നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഏകമായ നദി എന്നൊരു ബോധം നമുക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകമായ നാളം എന്ന് നമുക്ക് തോന്നുന്നതെന്ന് വാസ്തവത്തിൽ അവിടെ അഗ്നിശകലങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്നി കണികകൾ ആ കണികകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏകമാണ് ആ നാളം എന്ന് നമുക്ക് തോന്നുന്നു വാസ്തവത്തിൽ അനേക അനന്ത ദീപ കണികകൾ അല്ലെങ്കിൽ ദീപശകലങ്ങൾ കൂടിച്ചേർന്ന് അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തി നശിച്ചുകൊണ്ടിരിക്കയാണ് അല്ലാ സ്ഥായിയായി ഒന്നവിടെ നിൽക്കുന്നില്ല ദീപമെന്ന് പറയുന്നത് പ്രതിക്ഷണം കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദാർത്ഥമാണ് വസ്തുവാണ് പക്ഷേ അത് കാണുമ്പോൾ അത് ഏകമാണെന്ന് തോന്നുന്നു ഈ ക്ഷണത്തിൽ കാണുന്ന ദീപം അല്ല അടുത്ത ക്ഷണത്തിൽ ഈ ക്ഷണത്തിൽ കാണുന്ന ദീപം കത്തി നശിച്ചുപോയി അടുത്ത ക്ഷണത്തിൽ അതിന്റെ സ്ഥാനത്ത് വേറൊരു ദീപം വേറൊരു ദീപശിഖ അവിടെ ഉണ്ടാവുകയാണ് അതുകൊണ്ട് ദീപം ഏകമാണെന്നുള്ളത് ഒരു ഭ്രാന്തിയാണ് അത് അനുക്ഷണം കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശ കണികകളാണ് ഏകത്വം ഭ്രാന്തിയാണ് എന്ന് പറയുന്നതാണ് ക്ഷണഭംഗവാദം ഇതിന് പറയുന്നത് ക്ഷണികവിജ്ഞാനവാദികൾ എന്ന് പറയുന്ന ബൌദ്ധസമ്പ്രദായക്കാരാണ് അതിനെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ് ശ്രുതി അങ്ങനെയൊന്നും എന്നുവെച്ചാൽ ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ബാഹ്യമായി ചിന്തിച്ചിട്ട് ശ്രുതിയെ ആശ്രയിക്കാതെ ചിന്തിച്ചിട്ട് ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ക്ഷണിക വിജ്ഞാനവാദവും മറ്റും അപ്പം ആത്മാവിന്റെ സ്ഥായിത്വത്തെ അസ്തിത്വത്തെ നിഷേധിക്കുകയാണ് വെച്ചാൽ ആത്മാവെന്ന് പറയുന്നത് അനേക ഈ പ്രകാശം പോലെ അത് പ്രകാശ കണികളുടെ ഒരു നൈരന്തര്യമാണ് അല്ലാതെ അത് സത്തല്ല സ്ഥായി നിലനിൽക്കുന്നതല്ല അപ്പോൾ ഒന്നും തന്നെ പ്രപഞ്ചത്തിൽ ഭൂതവർത്തമാന ഭാവികളിൽ നിലനിൽക്കുന്ന ഒന്നുമില്ല എല്ലാം ഇങ്ങനെ പ്രദീക്ഷണം പരിണമിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നവരാണ് ക്ഷണിക വിജ്ഞാനവാദികൾ വിജ്ഞാനവും അതുപോലെയാണെന്ന് അവർ പറയും സ്ഥായി ഒന്നില്ല എന്നാണ് എന്തുകൊണ്ട് അവരെങ്ങനെ പറയുന്നു ശ്രുതിയെ ആശ്രയിക്കാതെ ബാഹ്യമായ ദിഷ്ടാന്തങ്ങളെ പരിശോധിച്ച് ആ ദൃഷ്ടാന്തങ്ങളുടെ അതിനെ ശരിക്ക് വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരോരോ നിഗമനങ്ങളും എത്തിച്ചേരുകയാണ് ശ്രുതിയെ അവലംബിക്കാതെ ഇങ്ങനെ ഉള്ള നിഗമനങ്ങളിൽ മനുഷ്യനെത്തിച്ചേരുമെന്ന് കണ്ടുകൊണ്ട് മുൻകൂട്ടി തന്നെ അതിനെ കണ്ടുകൊണ്ട് ശ്രുതി അതിനെ നിഷേധിച്ചിരിക്കുന്നു എന്നാണ് അതാണ് ശ്രുതിക്ക് ശേഷം വന്ന ബൌദ്ധന്റെ ദർശനത്തെ എങ്ങനെ ശ്രുതി നിഷേധിക്കുമെന്ന് സംശയം വരാം മുൻകൂട്ടി നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ അതിനെല്ലാം സമാധാനമുണ്ട് പിന്നെ എന്തുകൊണ്ടവർ അങ്ങനെ ഒരു ദർശനത്തെ സ്വീകരിച്ചു ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല കേവലം സ്വബുദ്ധിയെ ബാഹ്യമായ പരീക്ഷണങ്ങളിലൂടെ ആശ്രയിച്ചു അതുപോലെ എന്നാണ് അതാണ് ശ്രുതി അനുകൂലമായ യുക്തി അവരുപയോഗിച്ചത് ശ്രുതി മതസ്ഥർക്കും അനുസന്ധീയതാം എന്നാചാര്യസ്വാമികൾ പറയുന്നതാണ് കാരണം ഇവിടെ പ്രത്യേകം പറയുന്നു ഈശാനോ ഭൂതഭവ്യസ്യ ഭൂതത്തിനും ഭാവിയിലുമുള്ള സർവത്തിന്റെയും ഈശ്ചിതാവായിരിക്കുന്നവനെന്ന് പറയുമ്പോൾ അത് നിത്യനാണ് പല ഭാഗങ്ങളും പറയുന്നുണ്ട് നിത്യനാണ് പക്ഷേ വിജ്ഞാനവാദികൾ അത് അംഗീകരിക്കുന്നുണ്ട് ക്ഷണഭംഗവാദികൾ അവർ പറയുന്ന വിജ്ഞാനത്തിനൊരു ക്ഷണമേ ആയുസുള്ളൂ ഈക്ഷണം വിജ്ഞാനം ഉണ്ടാകുന്നു അടുത്ത ക്ഷണം നശിക്കുന്നു ഇങ്ങനെ പറയുന്നതിൽ പലതരത്തിലുള്ള ദോഷങ്ങളും വരും ക്ഷണഭംഗവാദത്തെ നിഷേധിക്കുന്നു ബ്രഹ്മസൂത്രം ദ്വിതീയ അധ്യായത്തില് മറ്റ് പല ഭാഗങ്ങളിലും മറ്റു പല ദാർശനികന്മാരും ക്ഷണഭംഗവാദത്തെ നിഷേധിച്ചിട്ടുണ്ട് നൈയായികന്മാരും മറ്റും വളരെ അതിനെ നിഷേധിച്ചിട്ടുണ്ട് അദ്വൈതികളും അതിനെ നിഷേധിച്ചിട്ടുണ്ട് യുക്തിയുക്തമായി അതിനെ സമർത്ഥിക്കാൻ സാധ്യമല്ല അതിന് ശ്രുതി അംഗീകരിക്കുന്ന കാര്യമല്ല അത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ആദ്യം തന്നെ ആത്മാവിന്റെ നിത്യത്വത്തെ പറഞ്ഞത് ആ നിത്യത്വത്തെ അവർ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ക്ഷണഭംഗവാദത്തിന്റെ പുറകെ പോയത് ഇവിടെ വ്യക്തമായി പറയുന്നു സയേവാദ്യ സബുശ്വ അവൻ തന്നെയാണ് ഇന്നുള്ളത് അവൻ തന്നെയാണ് നാളെ ക്ഷണഭംഗവാദികൾ പറയുന്നു ഇന്നുള്ള ആത്മാവല്ല നാളെ ഉള്ളതെന്നാണ് അവരുടെ സിദ്ധാന്തത്തിന്റെ ചുരുക്കം രണ്ടും തമ്മിൽ ഒരു തുടർച്ചയുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ശ്രുതി പറയുന്ന എന്താണ് സയേവാദ്യ ഇന്നുള്ള അവൻ തന്നെയാണ് സബുസ്വ നാളെയും അവൻ തന്നെ ഒരേ ഒരു ആത്മാവ് തന്നെ നിത്യമായിരിക്കുന്നു അതിനെ തന്നെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് എന്ന് യമദേവൻ നജികേസിനോട് പറയുന്നു നിത്യത്വത്തെയും ആത്മാവിന്റെ ഈ മന്ത്രങ്ങൾ വിശദമാക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നത് അങ്കുഷ്ടമാത്രോതിരിവ അധൂമക ഈശാനോ ഭൂതഭവ്യ സൈവാദ്യ സവിശ വേദന് വൈ തത്യാവ